ഉം <laughs> ിഷ അന്യദേവ തഥോ അവിദിശ്രമപൂർവ്വസ്താചക്ഷിരേ നി ദേവതമിതിതാത് അഥോ അമിതിതാതീതി അന്യദേവോ പുർഥദേവ യത് തത് യത് പ്രദം ശോത്രാദീനം ശോത്രാദീത്യുക്തം ഉഷണി ജതേശ തത് പിദത അന്യദേവ വിതം നമ്മ വിശയേനും തധിക കമ്മഭൂത കിതും സാധ്യതി വിതസ്മാത്യർ അവിദിതം അജ്ഞാതം തർ ആഹ് അവിതവിപരീത അവിദ്യലക്ഷണ അവ്യകൃതീജാ അതിന് ഉപരി അർത്ഥെക്ഷണയ അന്യത്യർത്ഥ പ്രത്യക്ഷാതി പ്രമാണങ്ങൾ കൊണ്ട് ആർക്കും ആരെയും ഗ്രഹിപ്പിക്കാൻ സാധ്യമല്ല പക്ഷേ ഉപദേശ പരമ്പരയിലൂടെ അത് അതിനെ ബോധിപ്പിക്കുന്നു അത് ബോധിച്ചുകൊണ്ടിരിക്കുന്നു ആഗമമാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് അതിനെ ബോധിപ്പിക്കുന്നതെന്നും പരമാത്മതത്വത്തെ ഒരു ഭാഗത്ത് പറഞ്ഞു അത് ഗ്രഹിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല അതിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല എന്നിട്ട് പറയുന്നു ഉപദേശ പരമ്പരയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു ബോധിക്കുന്നു ഇതിൽ ഈ പറയുന്നതിന് വൈരുദ്ധ്യമൊന്നുമില്ല ഉപദേശ പരമ്പരയിൽ എങ്ങനെയാണ് ഇതിനെ ബോധിപ്പിക്കുന്നതെന്ന് മനസ്സിലായാൽ എന്നെ അറിയാൻ കഴിയുമെന്ന് പറയുന്നതിൽ എന്നെ അറിയാൻ കഴിയില്ലെന്ന് പറയുന്നതിലും വൈരുദ്ധ്യമില്ല അതിനു വേണ്ടിയിട്ടാണ് ആശ്രിതിയുടെ വെളിപ്പെടുത്തുന്നത് അപ്പൊ ഇതിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് അന്യദേവീതൈവൃതം ഇവിടെ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ശ്രോത്രാധീനം ശ്രോത്രാദി ചവിയുടെ ചെവി കണ്ണിന്റെ കണ്ണ് മനസ്സിന്റെ മനസ്സ് ഇതെല്ലാം പറഞ്ഞ ആത്മവസ്തുവിനെ കുറിച്ചാണ് അഭിഷേക ദേഷ്യം കണ്ണിന്റെ കണ്ണായിരിക്കുന്നു പക്ഷെ കണ്ണിന് കാണാൻ കഴിയുന്നില്ല ചെവിയുടെ ചെവി ആയിരിക്കുന്നു പക്ഷെ ചെവിക്ക് അതിനെ കേൾക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ സാറിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നുല്ല എന്താണ് കണ്ണ് കാണുന്നു പക്ഷേ കണ്ണിനെ അതിനെ കാണാൻ പറ്റുന്നില്ല ആത്മാശ്രയദോഷം ചെവി കേൾക്കുന്നു ചെവിയെ കേൾക്കാൻ കഴിയുന്നില്ല ചിലവണ് ഇന്ദ്രിയ ഇവിടെ അതല്ല പറയുന്നത് കണ്ണിന് അതിനെ കാണാൻ കഴിയുന്നില്ലെന്നല്ല കണ്ണിന്റെയും ഒരു കണ്ണുണ്ട് കണ്ണിന് സ്വയം അതിനെ കാണാൻ കഴിയുന്നില്ല എന്നതുപോലെ തന്നെ കണ്ണിന്റെ ഒരു കണ്ണുണ്ട് അതിനെ കണ്ണിന് കാണാൻ കഴിയുന്നില്ല കണ്ണിനെന്തുകൊണ്ട് കണ്ണിനെ കാണാൻ കഴിയുന്നില്ല കാരണം സ്വരൂപത്തിൽ പ്രവൃത്തി സംഭവിക്കത്തില്ല കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ് അതിന്റെ പ്രവൃത്തി അതിലും സംഭവിക്കത്തില്ല കോഴിക്കാരം പറഞ്ഞു അഗ്നി അതിനെ സ്വയം ദഹിപ്പിക്കുന്നില്ല ഉദാഹരണങ്ങൾ പറഞ്ഞു കണ്ണിന്റെ കണ്ണിനെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല കണ്ണിന്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് അതാണ് കണ്ണല്ല കണ്ണിന്റെ വാസ്തവ സ്വരൂപം കണ്ണിന് ഒരു വാസ്തവ സ്വരൂപമുണ്ട് അതിനെയാണ് കണ്ണിൻ്റെ കണ്ണെന്ന് പറയുന്നത് അതുപോലെ ചെവിക്ക് ഒരു വാസ്തവ സ്വരൂപമുണ്ട് സ്വരൂപത്തിലും അതിൻ്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല അല്ലേ കത്തി കൊണ്ട് നമ്മളെല്ലാത്തിനെയും മുറിക്കും പക്ഷെ കത്തിക്ക് അതിനെ മുറിക്കാൻ കഴിയും സ്വരൂപത്തിൽ അതിൻ്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ഒന്നിന്റെയും പ്രവൃത്തി ആ സ്വരൂപത്തിൽ സംഭവിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ കണ്ണിന്റെ കണ്ണിനെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല അവിഷയം പ്രത്യക്ഷ അതെന്തുകൊണ്ട് അഭിഷയമായിരിക്കുന്നു കണ്ണിന്റെ കണ്ണാണതിന്റെ വാസ്തവ സ്വരൂപം അവിടെ അത് പ്രവർത്തിക്കുന്നില്ല അതിനെ കാണാൻ കഴിയുന്നില്ല പക്ഷെ കണ്ണിന് നമുക്കറിയാൻ പറ്റും അതാണ് കണ്ണും കണ്ണിന്റെ കണ്ണും തമ്മിൽ വ്യത്യാസം കണ്ണിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അതിനറിയാം മനസ്സുകൊണ്ട് നമ്മളറിയുന്നു കണ്ണിനെ കുറിച്ച് കണ്ണിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാഴ്ചയെക്കുറിച്ചെല്ലാം മനസ്സ് നമ്മളെ ബോധിപ്പിക്കുന്നു കണ്ണിന് നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടത് കണ്ണിന്റെ വാസ്തു സ്വരൂപം അതല്ല വാസ്തു സ്വരൂപമാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല കണ്ണുവിദിതമാണ് കണ്ണിന്റെ കണ്ണു വിദിതമല്ലാണ് തത് വിദിത അന്യദേവ അത് വിദിതമായതെന്നും അറിയപ്പെട്ടതിന് തന്നെയാണ് കണ്ണിന്റെ മനസ്സറിഞ്ഞു കണ്ണിന്റെ കണ്ണിന് മനസ്സിനും അറിയാൻ പറ്റും അന്യദേവ വിജിതം എന്തിനാ അറിയപ്പെടുന്നവിടെ വിദിതം നാമ യ്രിയ അതിശേന ആപ്തം കർമ്മഭൂതം യുധിക്രിയയാ അതിശയനാർത്ഥം വിധിക്രിയ അറിയുക എന്ന് പറയുന്നത് ഒരു കർമ്മമാണ് ഒരു പ്രവൃത്തിയാണ് മനസ്സിന്റെ പ്രവൃത്തി മനസ്സ് ഒറ്റയ്ക്കും അറിയും മനസ്സ് ഇന്ദ്രിയങ്ങളോട് കൂടി ചേർന്ന് അറി എന്തായാലും അറിയുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ് ഒരു പ്രവൃത്തിയാണ് അവിടെ എന്താണ് പ്രവൃത്തി മനസ്സിന്റെ പരിണാമം അതാണ് പ്രവൃത്തി മനസ്സിന്റെ ചലനം അതാണ് അറിവിലെ പ്രവൃത്തി എന്ന് കണ്ണ് കണ്ണു വിഷയങ്ങളോട് ചേരുന്നു ആ കണ്ണിനോട് മനസ്സ് ചേരുന്നു അവിടെ എല്ലായിടത്തും പ്രവൃത്തി സംഭവിക്കുന്നു അപ്പൊ മനസ്സ് സ്വന്തം പ്രവൃത്തിയിലൂടെ ഒരു വിഷയത്തിൽ വ്യാപിക്കുന്നതാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പറയുന്നത് വിധിക്രിയ അതിശയന അർത്ഥം എന്നാണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ വേദാന്തത്തിലും അദ്വൈതത്തിനും മറ്റും പിന്നെ പ്രക്രിയകളുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെ ഈ അറിവ് ക്രിയ സംഭവിക്കുന്നു യുക്തിയുക്തമായൊരു സമാധാനം പറയാൻ സാധ്യമല്ല അറിവെങ്ങനെ സംഭവിക്കുന്നു വിഷയജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു വിശദീകരിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ഇത് മായാമയം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നർത്ഥം മായാമയം എന്ന് പറഞ്ഞാൽ അതാണ് അറിവുണ്ട് പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ വയ്യ അതുകൊണ്ട തന്നെ മനസ്സിലാക്കാവുന്നിടത്തോളം മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതാണ് നല്ല പ്രക്രിയ എന്ന് പറയുന്നത് അതിനു പറയുന്നത് അതിശയേന വ്യർത്ഥം അതിശയൊന്നേ പറയാൻ പറ്റൂ സാറിന് പറയുന്നത് എന്താണ് ണം സൂക്ഷ്മഭൂതങ്ങളാണ് മൂലപ്രകൃതിയുടെ പരിണാമമാണ് അല്ലെങ്കിൽ അവിദ്യയുടെ പരിണാമമാണ് അല്ലെങ്കിൽ താമസി ശക്തിയുടെ പരിണാമമാണ് അല്ലെങ്കിൽ മായയുടെ സൃഷ്ടിയാണ് ഇങ്ങനെയെല്ലാം പറയും അത് ചൈതന്യ സാന്നിധ്യത്തിൽ അത് ചൈതന്യവത്തായി തീരും എങ്ങനെ ഇത് ചൈതന്യവത്തായിത്തീരും ചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനം അത് നിരുപാധികമാണ് അല്ലെങ്കിൽ അതിന് നിർഗുണമെന്ന് പറയാം അല്ലെങ്കിൽ നിരുപാധികം എന്ന് പറയാം അല്ലെങ്കിൽ നിർവികാരമാണ് നിർവികാരമായിരിക്കുന്ന ജ്ഞാനം എങ്ങനെ ഈ മനസ്സിനോട് ചേരും ുദ്ധീകരണങ്ങൾ ഇതിനോട് ഇതെങ്ങനെ ചേരുന്നു അത് വിശദീകരിക്കാൻ ആർക്കും സാധ്യമല്ല ഒരാചാര്യനും അതിന് യുക്തിയുക്തമായൊരു സമാധാനം പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണോ മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം വികാരമുള്ളതാണ് വ്യത്യസ്തമായ സ്വഭാവം ഉള്ളതാണ് ചൈതന്യത്തെ നിർഗുണമെന്ന് പറയണെങ്കിൽ ഇത് സവണമാണ് ഇതിൽ സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയതാണ് ചൈതന്യം നിർവീകാരമാണെങ്കിൽ ഇത് വികാരപ്പെടുന്നതാണ് മനസ്സിന് വികാരമുണ്ട് കരണങ്ങൾക്ക് വികാരമുണ്ട് അത്യന്തം പരസ്പര വിരുദ്ധ സ്വഭാവത്തോടു കൂടിയതാണ് ഭാഷാരംഭമ്രകാശം ഇരട്ടും വെളിച്ചവും പോലെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത സ്വഭാവത്തൂടി കൂടിയതാണ് പക്ഷെ അത് കൂടിച്ചേരുന്നത് അതിലൊരു കൂടിച്ചേരൽ സംഭവിക്കുന്നു അതിനാണ് അധ്യാസം എന്ന് മറ്റും പറഞ്ഞിരിക്കുന്നത് ആ കൂടിച്ചേരലിൽ അറിവുണ്ടാവും ജീവൻ അപ്പോൾ പരസ്പരം വിരുദ്ധമായിരിക്കുന്നത് എങ്ങനെ കൂടിച്ചേരും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് പറയാൻ പറ്റും അതിന് സമാധാനം പറയുന്ന എന്താണ് അനിർവാച്യം അതൊന്നും നിർവചിക്കാൻ സാധ്യമല്ല ആർക്കും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമുണ്ടത് കാരണം ബുദ്ധി അതിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ ആ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നു അതൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭാഷകാരം പറഞ്ഞാൽ അതിശയേന അതിശയമെന്നേ പറയാൻ പറ്റും മായയുടെ വൈഭവം എന്നെല്ലാം പറയുന്നു അങ്ങനെ ഇത് കൂടിക്കല്ലടുന്നു ചിത്തും ജടവും കൂടിക്കല്ലിടുന്നു ആത്മാവും അനാത്മാവും കൂടിക്കല്ലിടുന്നു ആ കൂടിക്കിളരുമ്പോ അത് ചിന്മയമായിത്തീരുന്നു അന്ന് നിർഗുണമായിരുന്നത് സഗുണമായി ജഡമായിരുന്നത് ചൈതന്യവത്തായി നിർവികാരമായിരുന്നത് വികാരമുള്ളതായി ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇതാണ് അറിവിന്റെ തലം അറിയുന്നു ഈ ഒരു കൂടിക്കലകളിൽ സംഭവിക്കുമ്പോൾ അവിടെ അറിവുണ്ടാകുന്നു അതിശയനാക്തം അതിനാണ് വിധിക്രിയ ജ്ഞാനക്രിയ എന്ന് പറയുന്നു മനസ്സിന്റെ പ്രവർത്തനം അറിവെന്ന് പറയുന്ന വികാരമാണ് നിർഗുണമായിരിക്കുന്ന സുസ്വരൂപത്തിൽ വികാരം സംഭവിക്കുന്നു അത് വാസ്തവത്തിൽ സംഭവിക്കത്തില്ല അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു അത് ആരോപിതമായി സംഭവിക്കുന്നു പരമാർത്ഥത്തിൽ സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബുദ്ധിക്ക് പി കിട്ടുന്ന കാര്യമാണ് അത് ബുദ്ധിയുടെ കാരണമാണ് അതിന് ബുദ്ധിക്ക് എങ്ങനെ പിടികിട്ടും നേരത്തെ പറഞ്ഞ ആത്മാശ്രയദോഷം വരും ഒന്നിനതിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ബുദ്ധിക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പം ബുദ്ധിയുടെ രഹസ്യം ബുദ്ധിക്ക് വെളിപ്പെടുത്തില്ല പൂർണ്ണമായും വെളിപ്പെടുത്തില്ല ഏകദേശം വെളിപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് അതിശയനാപ്തം അവിടെ ിത്തും ജഡവും കൂടി ഒരു ചേരുന്നു ചൈതന്യവും ഈ തന്മാത്രകൾ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മചൈതന്യവും ഈ അവിദ്യാപരിണാമമായിരിക്കുന്ന ഈ താമസ തന്മാത്രകളും കൂടി കൊല്ലണം ജ്ഞാനപ്രകാശമുണ്ടാകും ആ പ്രകാശം ജ്ഞാനത്തിന്റെ ആ വികാരങ്ങൾ ഈ തന്മാത്രകളുണ്ട് എണ്ണാമധന്മാത്രയുടെ സ്വഭാവമാണ് അപ്പോ അവിടെ ബുദ്ധിയുണ്ടാകുന്നു അല്ലെങ്കിൽ മനസ്സുണ്ടാവും അല്ലെങ്കിൽ അറിവുണ്ടാവും അറിവ് ഒരു ക്രിയയാണ് അത് മാറിക്കൊണ്ടേയിരിക്കുന്നു ജാഗ്രത എന്ന് പറയുന്നത് പ്രദക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതയിലറി ഒരറിവിലായിട്ട് മനസ്സ് നിൽക്കുന്നില്ല പ്രദക്ഷണം അത് മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കർമ്മഭൂതം ആ വിധിക്രിയക്ക് കർമ്മമായിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ വിഷയമായിരിക്കുന്നു അറിവിന് വിഷയമായിരിക്കുന്നർത്ഥം അത് എവിടെയെങ്കിലും ജാഗ്രത്തിലോ സ്വപ്നത്തിലോ ഇനി ഇതിനപ്പുറം ഏതെങ്കിലും ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെയോ വിഷയങ്ങൾ പ്രകടമായി കൊണ്ടേയിരിക്കുന്നവർ വരും കിഞ്ചിത്ത് അത് എന്തായാലും ശരി സ്ഥൂലമായി സൂക്ഷ്മമായി കാരണരൂപത്തിൽ അതിനെ തന്നെ നമ്മൾ ആത്മാവായി അനാത്മാവായി എല്ലാം അതാണ് കിഞ്ചിത് ഏതെങ്കിലും തരത്തിൽ അറിവിൽ വിഷയങ്ങൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു കസ്വജിത്ത് ജീവന്മാരും ഒരു ജീവനിൽ തന്നെ ജാഗ്രത ഒരു തരത്തിൽ സ്വപ്നത്തിൽ മറ്റൊരു തരത്തിൽ സുഷുതിയിലുകയൊരു തരത്തിൽ ഇതുപോലെ നാനാ ജീവന്മാർക്ക് അറിവും വിഷയവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രപഞ്ച അനുഭവം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സർവത്ര ഇത് സർവമേവ്യാകൃതം പക്ഷെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥൂലമായ സർവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തദ്വിദ്യുതമേവ എന്താണ് ഇവിടെ വിദിതമായിരിക്കുന്നത് എന്ന് പറയുന്നത് സ്ഥൂലമായിരിക്കുന്ന സർവവും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വിദമായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സ്ഥൂലെന്ന് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം അറിവിന് വിഷയമാകുന്നുണ്ടോ അതെല്ലാം സ്ഥൂലം തന്നെ അല്ലെങ്കിൽ സൂക്ഷ്മം ഒന്ന് നമ്മൾ എന്തിനെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ കരുതുന്നത് അറിവിന് വിഷയമായി കഴിഞ്ഞാൽ അതിന് സ്ഥൂലെന്നേ വിളിക്കാൻ പറ്റും സൂക്ഷ്മമല്ല ഭൗതികമായി നമ്മൾ സ്ഥൂലം സൂക്ഷ്മമെന്ന് വേറിതിരിക്കാറുണ്ട് ആ രീതിയിലല്ല ഇവിടെ പറയും വിപഞ്ചഭൂതങ്ങൾ സ്ഥൂലമാണ് പരമാണുക്കൾ സൂക്ഷ്മമാണോന്നൊക്കെ പറയും അങ്ങനെയല്ല എന്താണോ നിങ്ങളുടെ അറിവിന് വിഷയമായിരിക്കുന്ന അതെല്ലാം ജാഗ്രത തന്നെ ൂലമായത് തന്നെ ഇതാണെങ്കിലും അത് തസ്മത് ഈ പറയുന്ന പരം ഈ അറിയാൻ ആഗ്രഹിക്കുന്ന വസ്തു അതിനപ്പുറമാണ് അറിയപ്പെടുന്നതിൽ നിന്നെല്ലാം അന്യമാണോ എന്നേ പറയാൻ പറ്റും അറിവിന് വിഷയമാകുന്നതിൽ നിന്ന് അന്യമാണോ പിന്നെ അവിദിതം അജ്ഞാതം ദർഹീതി പ്രാപ്തി അങ്ങനെയാണെങ്കിൽ ഇത് അജ്ഞാതമാണ് ആത്മാവിനെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ കുറിച്ച് എന്താണ് ഗുരു ജ്ഞാനിയാണ് കാരണം ഗുരു ജ്ഞാനത്തെ പ്രസംഗിക്കുന്നു ഞാന പറയുന്നു അപ്പോ ഗുരുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആത്മാവിനെ അറിയുന്നുണ്ടോ പറയുന്നതിന്റെ താല്പര്യം അതാണ് ഗുരു പറയുകയാണ് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്തുകൊണ്ട് ഗുരുവിന് വ്യാകൃതമായനെ അറിയാൻ പറ്റൂ ഇത് വ്യാകൃതമായതല്ല സ്ഥൂലമല്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ആ സമാധാനം ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരു പറയുകയാണ് പരമാർത്ഥമാണ് ഗുരു പറയുന്നത് അറിയുന്നുണ്ടോ അറിയുന്നില്ല എന്ന് ഗുരു പറഞ്ഞത് സത്യമാണ് പക്ഷേ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം അത് ശരിയാണോ ഗുരുവിൻ്റെ സമാധാനം ശരിയാണോ ആ സമാധാനം ശരിയാണ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ധരിക്കുന്ന തരത്തിൽ ആ സമാധാനം ശരിട്ട എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശിഷ്യന്റെ ബുദ്ധിയുടെ തലം ഉണ്ട് ഇല്ല അറിയുന്നു അറിയുന്നില്ല ഇങ്ങനെയാ നിൽക്കുന്നു ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുള്ളുണ്ട് ഇല്ല എന്നെങ്കിൽ അറിയുന്നു അറിയുന്നില്ല ഈ തലത്തിലെ ചിന്തിക്കാൻ പറ്റുന്നു മനസ്സ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ആ തലത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി ആ തലത്തിൽ നിന്നേ പറയാൻ പറ്റും അപ്പൊ സത്യസന്ധമായും ഗുരുവിന് പറയേണ്ടി വരും ഇത് അവിദിതമാണോ വിദിതമല്ല എന്ന് പറയേണ്ടി വരും അറിയുന്നില്ല എന്നറു ആ മറുപടി ശരിയാണോ അറിയുന്നില്ല അത് ശരിയാകാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിയുന്നവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനമുണ്ടെന്നാണ് അജ്ഞാനി എന്നർത്ഥം അപ്പോൾ ഗുരു അജ്ഞാനിയാണോ അജ്ഞാനിയാണെങ്കിൽ പിന്നെ ജ്ഞാനി എന്ന് എങ്ങനെ പറയാൻ കഴിയും കാരണം ജ്ഞാനി എന്നുള്ളതിന് നേരെ വിപരീതമാണ് അജ്ഞാനിപ്പം ഗുരു പരമാർത്ഥം പറയുകയാണോ അറിയില്ല ഇതറിയാൻ ഇത് അവിദ്യുതമാണോ അറിയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിദ്യുതമെന്ന് ഫലത്തിൽ ശ്രദ്ധിക്കും ഗുരു അറിയാത്തവനാണെന്നും വരും ഗുരു അജ്ഞാനിയാണെന്നും വരും അതാണോ അതും ശരിയല്ല അവിദിതം അജ്ഞാതം തരഹീതി പ്രാപ്തയാ അങ്ങനെയാണെങ്കിൽ അവിദിതമാണ് അജ്ഞാതമാണ് എന്നുവരും അത് ശരിയല്ല അതോ അവിദിത വിദിത വിപരീത അവ്യാകൃത അവിദ്യാലക്ഷണ അവ്യാകൃത ബീത ബീജാ ഭാഷ്യൻ അവിദിതം എന്നുള്ളവരെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെ അവിദിത വിദിത വിപരീത വിദിതം എന്ന് പറഞ്ഞാൽ വ്യാകൃതം എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ലോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യാകൃതമെന്ന് പറയുന്നത് സ്ഥൂലം എന്നർത്ഥമാണ് അത് സാധാരണ പറയുന്ന സ്ഥൂലസൂക്ഷ്മെന്ന രീതിയിലല്ല അറിയപ്പെട്ടതെല്ലാം ഇവിടെ വ്യാകൃതമായി ഭൗതികമായ നിസ്തോനമായാലും ശരി സൂക്ഷ്മമായാലും ശരി എല്ലാം വ്യാകൃതമായി അവിദ്യുതം എന്ന് പറഞ്ഞാലോ വിദ്യുത വിപരീത വ്യാകൃതത്തിന് വിപരീതമായിരിക്കുന്നത് അതെന്താണ് അവ്യാകൃത അവ്യാകൃതം എന്ന് പറയുന്നത് അതെന്താണ് അവ്യാകൃതം അവിദ്യ അതിനാകൃതം എന്ന് പറയുന്നത് അവിദ്യ അതെന്താണ് വ്യാകൃത ബീജ വ്യാകൃത ബീജം വ്യാകൃതത്തിന് ബീജമായിരിക്കുന്ന വ്യാകൃതം ഇവിടെ എന്താ പറയുന്നത് ഒന്ന് പരമാത്മ തത്വം അതിനോട് ചേർന്ന് അവ്യാകൃതം അല്ലെങ്കിൽ അവിദ്യ ഒരു മാറ്റവും സംഭവിക്കാതിരിക്കുന്ന അമൂലപ്രകൃതി അതിനോട് അവ്യാകൃതം എന്ന് പറയുന്നു അപ്പോ അവിദ്യതം എന്ന് പറയുന്നത് സാധാരണ അറിയാത്തതെന്നുള്ള അർത്ഥം കൊടുത്താൽ പോരാ മറക്ക അവിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കണം അറിയപ്പെടാത്തതെന്നർത്ഥം പറഞ്ഞാൽ പോരാ ഭാഷകാരൻ പറയുന്നതനുസരിച്ച് ഈ അവിദ്യ അല്ലെങ്കിൽ അവ്യാകൃതത്തിനല്ല നമ്മൾ അറിയപ്പെടാത്തതെന്ന് പറയുന്നു അതല്ല നമ്മളുടെ അറിവും അറിവില്ലായ്മയും രണ്ടും വ്യാകൃതത്തിലാണ് രണ്ടും തമ്മില വ്യത്യാസമാണ് റിയുന്നു അറിയാതിരിക്കുന്നു രണ്ടും വ്യാകൃതമാണ് അവ്യാഘൃതം എന്ന് പറയുമ്പോൾ അറിയുക അറിയാതിരിക്കുക രണ്ടിനും അപ്പുറമുള്ളതാണ് അതിനും അപ്പുറമുള്ളതാണ് ഇവിടെ പറയുന്നത് അവിദ്യതാത് അധി എന്ന് പറയുന്ന ആത്മതത്വം അതിനെ നമ്മുടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു ആത്മതത്വം അത് കഴിഞ്ഞ് വരുന്നത് അവ്യാകൃതം അത് കഴിഞ്ഞ് വരുന്നു വ്യാകൃതം ഈ മൂന്ന് കാര്യങ്ങളാണ് ഭാഷകാരനൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വ്യാകൃതം എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മുടെ അറിവും അറിവില്ലായ്മയും നിൽക്കുന്നത് അവ്യാകൃതത്തിൽ ഇത് രണ്ടുമില്ല അറിവുമില്ല അറിവില്ലായ്മയും ഇല്ല അതിനപ്പുറം ആണ് ഇവിടെ ഗുരു ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മതത്വം എന്താണ് ഈ അവ്യാകൃതം അല്ലെങ്കിൽ അവിദ്യ വ്യാകൃത ബീജമാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചത് വാന്യദേവതദ്വിജിത വിചിതമായതിൽ നിന്നപ്പുറമാണ് എന്ന് പറയുമ്പോൾ അറിഞ്ഞതിൽ നിന്നപ്പുറം എന്ന് പറഞ്ഞാൽ പോരാ റിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറം അതോ അവിദ്യതാദവി എന്ന് പറയുമ്പോ അവിദ്യതം അറിവില്ലായ്മയ്ക്കപ്പുറം എന്നുള്ള അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറം നിൽക്കുന്ന അവിദ്യ അതാണ് അവിദ്യതം അതിനും അപ്പുറം അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഭാഷകാരനോട് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാകും അല്ലാതെ അറിയുന്നതിനപ്പുറം അറിയപ്പെടാത്തതിനപ്പുറം എന്ന് മലയാളം വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കരുത് രണ്ടൊന്നുമല്ല വ്യത്യാസം അറിവും അറിവില്ലായ്മയും അത് വ്യാകൃതമാണ് അവ്യാകൃതമല്ലെങ്കിൽ അവിദ്യ അവിടെ അറിവില്ല അറിവില്ലായ്മയും ഇല്ല അത് ഉദാഹരണത്തിലൂടെ വ്യക്തമാകും ജാഗ്രത സ്വപ്നം ഇവിടെയാണ് ഈ അറിവും അറിവില്ലായ്മ ഇത് രണ്ടും വ്യാകൃതമാണ് നമ്മളൊന്നിനെ സ്ഥൂലമെന്നും മറ്റൊന്നിനെ സൂക്ഷ്മമെന്നും വിളിക്കും സ്വപ്നം സൂക്ഷ്മമാണ് ജാഗ്രത സ്ഥൂലമാണ് പക്ഷേ അവ്യാകൃതത്തെ അപേക്ഷിച്ച് ഇത് രണ്ടും സ്ഥൂലമാണ് എങ്ങനെ സ്ഥൂലമായിരിക്കുന്നത് രണ്ടും പ്രത്യക്ഷമാണ് നമ്മൾ സാറിന് സൂക്ഷ്മം എന്ന് പറയുന്നത് എന്തിനാണ് അണ് സൂക്ഷ്മു കാരണം അത് പ്രത്യക്ഷമാണ് പ്രത്യക്ഷമായതിനെല്ലാം നമ്മൾ പറയും അത് സ്ഥൂലമാണെന്ന് പറയും സ്വപ്നവും പ്രത്യക്ഷമാണ് ജാഗ്രത പോലെ ജാഗ്രതും പ്രത്യക്ഷമാണ് അതുകൊണ്ട് ഇതെല്ലാം സ്ഥൂലമാണ് അതുകൊണ്ടാണ് വ്യാഗ്രതമെന്നുള്ളതിന് സ്ഥൂലെന്നർത്ഥം പറയുന്നത് പ്രത്യക്ഷമായതുകൊണ്ട് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ധരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നതാണ് ചെവി കൊണ്ട് കേൾക്കുന്നതും പ്രത്യക്ഷമാണ് അക്ഷമെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം കണ്ണെന്നല്ല ചെവി ഇന്ദ്രിയമാണ് അതുകൊണ്ട് കേൾക്കുന്നത് പ്രത്യക്ഷമാണ് മണക്കുന്നത് പ്രത്യക്ഷമാണ് അതും ഇന്ദ്രിയമാണ് രുചിക്കുന്നത് പ്രത്യക്ഷമാണ് അതെല്ലാം പ്രത്യക്ഷമാണ് ഇത് ജാഗ്രത്തിൽ അങ്ങനെ സംഭവിക്കുന്നുവോ അതുപോലെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു സ്വപ്നത്തിനും കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു അപ്പൊ പ്രത്യക്ഷമായതെല്ലാം സ്ഥൂലമാണെങ്കിൽ സ്വപ്നവും സ്ഥൂലമാണ് അവിടെ സ്ഥൂലും അതുകൊണ്ട് അതും വ്യാകൃതമാണ് എന്താ അവ്യാകൃതത്തിന് ഉദാഹരണം സുഷുതി തന്നെ ജാഗ്രത സ്വപ്നത്തിനും നമ്മൾ അറിയുന്നു അറിയാതിരിക്കുന്നു ഞാൻ പറയുന്നു എനിക്ക് ഇതറിയാം ഇന്നതറിയില്ല ഇവിടെ പറയാൻ കഴിയുന്നു സ്വപ്നത്തിനും അതുപോലെ പറയാൻ കഴിയും ഞാൻ ഇന്നത് കാണുന്നു ഇന്നത് കാണുന്നില്ല അറിവും അറിവില്ലായ്മയും ഉണ്ടോ ഇതാണ് വ്യാകൃതം ഇതാണ് വിദിതം അറിവ് മാത്രമല്ല വിദുതം എന്ന് പറയുന്നത് അറിവില്ലായ്മ കൂടെ ചേർന്നാണ് വിദുതം വിദുതം എന്ന് പറയുന്നതിന്റെ പാശ്ചാർത്ഥം അറിയപ്പെട്ടതെന്നാണ് അറിയപ്പെട്ടത് അറിവ് മാത്രമല്ല അറിവില്ലായ്മയും അറിയപ്പെട്ടിരിക്കുകയാണ് അറിവിനെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ അറിവില്ലായ്മയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം വെളിച്ചം കാണുന്നിടത്തല്ല അതിനോട് ചേർന്ന് നിഴലും കാണുന്നുണ്ട് ഒരിടത്തൊഴുകിയ സൂര്യന് അവിടെ വെളിച്ചം മാത്രം ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുമ്പോഴോ ഇവിടെ ഒരു ഭാഗം ഇരുട്ടായിരിക്കുമ്പോൾ ഒരു ഭാഗം വെളിച്ചം ഒരു ഭാഗം രാത്രി ആയിരിക്കുമ്പോൾ ഒരു ഭാഗം പകല് എന്ന് പറയുന്നു മുറിക്കുള്ളിൽ ഇരുട്ടാണെങ്കിൽ പുറത്ത് വിളിച്ചു മുറിക്കുള്ളിൽ തന്നെ വെളിച്ചം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന് നേരെ ഏതൊരു ഭാഗത്ത് നേരല്ല വെളിച്ചത്തിൽ ഏറ്റവും കുറച്ച് നിഴലിന്റെ വ്യത്യാസമനുസരിച്ച് അപ്പൊ ഇവിടെ നോക്ക് നമ്മൾ ഈ വെളിച്ചത്തെ കാണുന്നിടത്തല്ല അതിനോട് ചേർന്ന് നിരളിനെയും കാണുന്നുണ്ട് എന്തുകൊണ്ടി സംഭവിക്കുന്നു പറയും ഉപാധികൾ ഇവിടെ തൂണൊരു ഉപാധിയാണ് തൂണിന്റെ മുന്നിൽ വെളിച്ചം പിന്നിൽ നിഴൽ അപ്പോൾ ആ വെളിച്ചം ഭൂമിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ ഉപാധികൾക്ക് അനുസരിച്ച് ഈ ചരാചരങ്ങളായിരിക്കുന്ന ഉപാധികൾ സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന ഉപാധികൾക്കനുസരിച്ച് വെളിച്ചവും നിഴലും ഒരുമിച്ച് ഇരിക്കും അപ്പൊ ഇവിടെ വെളിച്ചം മാത്രമാണോ വിദുതമായിരിക്കുന്നല്ലോ നിഴലും വിദുതമാണ് ഇരുളും ബിരുദമാണ് അതുകൊണ്ട് വിദുതം എന്ന് പറയുമ്പോൾ എന്തായി അറിവും അറിവില്ലായ്മയിൽ റിഞ്ഞതും അറിയാത്തതും അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും രണ്ടും വിചിതമായി പ്രപഞ്ചാനുഭവം മുഴുവൻ വിദിതമായി യഥാർത്ഥ സൂര്യനെ അവിടെ ഇത് രണ്ടുമില്ല എന്തുകൊണ്ട് നമുക്കങ്ങോട്ട് നോക്കാനും കാണാനും പറ്റും അതിനുള്ള ശേഷി നമ്മുടെ കണ്ണിനില്ല സൂര്യനതിന്റെ പൂർണ്ണപ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ ആത്മസൂര്യനെയും നമുക്ക് എതിരിട്ട് കാണാൻ പറ്റും അതിന്റെ പൂർണ്ണപ്രകാശത്തെ അത് പ്രകാശിക്കുന്നു അതിന് സത്യമാണ് സൂര്യൻ പ്രകാശിക്കുന്ന സത്യമാണ് നമുക്ക് ഭൂമിയിലേക്ക് നോക്കിയാൽ സൂര്യന്റെ പ്രകാശം കാണാൻ പറ്റും സൂര്യനെ നോക്കി കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കണ്ണിൽ ഇരട്ടും നമ്മുടെ കർണങ്ങൾക്ക് അതിന് ശേഷിയില്ല അതു തന്നെയാണ് ഇവിടെയും പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തെ കാണുന്നതിന് ഇതിനൊന്നും ശേഷിയില്ല അതിനെ എതിരിട്ട് നോക്കിയാൽ ഇത് നിശബ്ദമായിപ്പോയി ഇതിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരും സൂര്യനെ നോക്കിയാൽ കണ്ണ് ഇരുട്ടുകയറും വെളിച്ചം കാണാൻ പറ്റത്തില്ല അതിന് ശേഷിയില്ല കണ്ണിനും മനസ്സിനും ഈ കർണങ്ങൾക്കൊന്നും ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തെ കാണാൻ വയ്യ ആ പ്രകാശത്തെ ഇതിന് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല ഈ കർണങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ പറ്റിയതിനെ അതിന് പ്രകാശിപ്പിക്കാൻ പറ്റും അതെന്താ അതാണ് ബാഹ്യമായുള്ള ഈ അറിവും അറിവില്ലായ്മ അതെല്ലാം വിധതമാണ് പറഞ്ഞ സുഷുപ്തിയിലേക്ക് പോയാലോ അവിടെ റിയുന്നു അങ്ങനെ ഒന്നില്ല അറിയുന്നില്ല അങ്ങനെ ഒന്നുമില്ല വിദിത അവിദിത ഇവിടെ നമ്മുടെ ഈ അനുഭവത്തിലുള്ള അറിവ് അറിവില്ലായ്മ അതാണല്ലോ വിദിതം അതവിടെയില്ല അതുകൊണ്ട് അതിനെ എന്ന് പറയുന്നു അവിദിതം എന്ന് പറയുന്നു അറിവും അറിവില്ലായ്മയും ഇല്ലാത്തതുകൊണ്ട് അവിദിതം അതിനവ്യാകൃതം അല്ലെങ്കിൽ അതിനവിദ്യ എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ എന്താണ് പറഞ്ഞത് അവ്യാകൃത വ്യാകൃത ബീജം എന്ന് പറയുന്നു അവിടെ അറിയുന്നു എന്ന് പറയാൻ മയ്യ അറിയുന്നു പറയാം മയ്യ രണ്ടുമില്ല എന്തുകൊണ്ട് സൃഷ്ടി നമുക്കത് പറയാൻ പറ്റുമോ അറിയുന്നു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു അറിവുണ്ടായാലും അത് ജാഗ്രത ആകും അല്ലെങ്കിൽ സ്വപ്നമാവും സുഷൃതി നോക്കി പറയാൻ പറ്റുമോ അറിവില്ല അങ്ങനെ പറഞ്ഞാലും അങ്ങനെ അറിയണമെങ്കിലും ഉണ്ടരണം ജാഗ്രതത്തിലേക്ക് പറഞ്ഞു സ്വപ്നത്തിലേക്ക് പോകുന്നു അപ്പം സുഷൃത്തിൽ ഇനി ഇത് രണ്ടും സംഭവിക്കുന്നില്ല അറിയുന്നുവെന്ന് സംഭവിക്കുന്നില്ല അറിയുന്നില്ലെന്ന് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് അത് അവിദ്യയാണ് വ്യാകൃത ബീജമാണോ അതാണോ അല്ല ആ വ്യാകൃത ബീജത്തിൽ നിന്നും അന്യമായിരിക്കുന്നു ഇവിടെ കാണുന്ന ഈ നഴനും വെളിച്ചത്തിനും അന്യമാണ് യഥാർത്ഥ പ്രകാശം ഇത് നമുക്ക് അനായാസമായി കാണാം മറ്റേതിനെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റ കാണാം പക്ഷെ പൂർണ്ണതയെ ഗ്രഹിക്കാൻ പറ്റത്തില്ല എത്രമാത്രം പ്രകാശവത്താണ് അതെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് അളന്നറിയാൻ കഴിയത്തില്ല അതിന് ശ്രമിച്ചാൽ കാഴ്ച നഷ്ടപ്പെട്ടു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വ്യാകൃത ബീജ വ്യാകൃത ബീജമായിരിക്കുന്നു ആ സുഷുപ്തി അവസ്ഥ പോലെ ഇരിക്കുന്നു അതിൽ നിന്നും അന്യമായിരിക്കുന്നത് അതിനാണ് തുര്യൻ എന്ന് പറഞ്ഞത് സുഷൃപ്തി എന്ന് പറഞ്ഞതിന് ശേഷവും ഒരു തുര്യനെ കുറിച്ച് പറഞ്ഞു അതാണ് അതാണ് ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോ പറഞ്ഞല്ലോ ശിഷ്യൻ ചോദിച്ചു ഗുരുവിനോട് അങ്ങ് ആത്മാവനെ അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് പൂർണമല്ല ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും താല്പര്യം കാണും പക്ഷെ ആ സമാധാനം പൂർണമല്ല ശിഷ്യന്റെ ചോദ്യം എങ്ങനെയാണ് അപൂർണമായിരിക്കുന്നത് അതുപോലെ സമാധാനവും അപൂർണമാണ് ഇനിയില്ല എന്ന് പറഞ്ഞാലോ അതും പൂർണ്ണമല്ല എന്തുകൊണ്ട് അറിയുന്നു അറിയുന്നില്ല എന്നുള്ള ഈ അനുഭവം ജാഗ്രത അനുഭവം അല്ലെങ്കിൽ സ്വപ്നാനുഭവം ഇതിനപ്പുറം നിൽക്കുന്ന അവ്യാകൃതത്തിനും അപ്പുറമാണത് അപ്പം ഇന്ന് ജാഗ്രതന്നെ എങ്ങനെ അതിനെ അറിയുന്നു അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് വെളിപ്പെടുത്താൻ പറ്റും അപ്പം ഇനി ആരെങ്കിലും പറയുകയാണ് അത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഒരിക്കലും ശിഷ്യൻ ധരിക്കുന്നതായിരിക്കില്ല അതിന്റെ താല്പര്യം ഇതാണ് ഞാൻ അതിനെ അറിയുന്നു എങ്ങനെയാണ് നീ ധരിക്കുന്ന തരത്തിലല്ല അതിനെ വ്യാകൃതത്തിനും അവ്യാകൃതത്തിനും അപ്പുറമെന്ന് ഞാൻ അറിയുന്നതാണ് അതാണ് അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അല്ല ഏതെങ്കിലും മൂഢന്മാർ പറയുകയാണെങ്കിൽ എന്തായിരിക്കും കേവലം ജ്ഞാനിത്വ അഭിമാൻ ഞാൻ ജ്ഞാനിയാണെന്നുള്ള ഒരു അഭിമാനം കൊണ്ട് പറയുകയാണ് ഒരുപാട് സത്സംഗങ്ങൾ കേട്ടു ഒരുപാട് ഉപനിഷത്ത് വായിച്ചു ഒരുപാട് മനനം ചെയ്തു അങ്ങനെ ഒരേ അറിവാർജിച്ചു ആ അറിവിൽ നിന്നുകൊണ്ടൊരാൾ പറയുകയാണ് ഞാൻ ജ്ഞാനിയാണോ എന്ന് പറഞ്ഞാൽ അതെന്തായി അത് വിചിതമാണ് അത് പരമാർത്ഥമാണ് അത് കേവലം ഞാനിത് അഭിമാനം മാത്രമാണ് അത് വാസ്തവമല്ല പക്ഷെ ശിഷ്യൻ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ അല്പമായ ബുദ്ധിയിൽ നിന്നുകൊണ്ടേ അവന് ചോദിക്കാൻ പറ്റും പക്ഷെ തൻ്റെ അല്പമായ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം പരമാർത്ഥജ്ഞാനം എന്ന് കരുതുന്നത് ശരിയല്ല അതുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്ന് രണ്ടു പറഞ്ഞാലും ഒരുപോലെ തന്നെ രണ്ടും വിദിതമായി ഇനി അതിനപ്പുറം പോയി അവിദിതമായ തലത്തിൽ അത് അവിദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ അജ്ഞാനങ്ങൾക്ക് അപ്പുറം എന്നുള്ള അർത്ഥമേ വരുന്നു ഞാൻ അറിയുന്നില്ല എന്ന അർത്ഥം വരുന്നില്ല അങ്ങനെ ഒരു അർത്ഥത്തിലല്ല പറയുന്നത് അത് അവിദ്യുതമാണ് എന്ന് പറയുമ്പോൾ ഈ അറിവിനും ഈ അറിവില്ലായ്മക്കും അപ്പുറം എന്നാണ് എന്നാൽ അതവിടെ നിൽക്കുന്നില്ല ആ അവിദ്യതത്തിനും അപ്പുറമാണ് എന്നാണ് അവിടെ കൊണ്ടെത്തിക്കുകയാണ് പറഞ്ഞല്ലോ ഇത് ചോദ്യം ചോദിക്കുന്നവനെ അന്തർമുഖമാക്കുകയാണ് അറിയുന്ന തലം അറിവില്ലാത്ത തലം അറിവിനും അറിവില്ലാമിക്കും കിടക്കാൻ വയ്യാത്ത ഒരു തലം അതിനപ്പുറമുള്ള സ്വയം പ്രകാശമായ ആത്മതലത്തിലേക്ക് അവനെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അറിയുന്നു എന്ന് പറയുന്നതിൽ ഉള്ള പുരത്തക്കേട് തന്നെ അറിയില്ല എന്ന് പറയുന്നിടത്തോണ്ട് അതിനപ്പുറമാണ് വ്യവഹാരാതീതമായിരിക്കുന്ന അവിദിത തലം അവ്യാകൃത തലം ഒന്ന് വ്യവഹാരം അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നു മറ്റൊന്ന് വ്യവഹാരാതീതം ഉപഹരിക്കാൻ കഴിയാത്തത് അത് അഭ്യാകൃതലം സുഷുപ്തന്റെ അവസ്ഥ പോലെ അവിടെ വ്യവഹാരമില്ല സുഹൃപ്തിയെക്കുറിച്ചുള്ള എല്ലാ അഭ്യാസങ്ങളും ഉണർന്നവനാണ് സുഷുപ്തനല്ല എന്നിട്ടവിടെ വ്യവഹാര സാധ്യമല്ല ഇത് അതിനു മാത്രമാണ് വ്യക്തമാക്കുന്നു അതുകൊണ്ട് അന്യദൈവതവിദിത അതോ അവിദ്യതാവി അത് അറിയുന്നതിനപ്പുറമാണ് അറിയാത്തതിനപ്പുറമാണെന്ന് പറയുമ്പോൾ അതിന്റെ സാമാന്യ അർത്ഥത്തെ തിരിച്ചപ്പുര അതറിയുന്നതിനപ്പുറമാണ് അറിയാത്തതിനപ്പുറമാണെന്ന് പറയുന്നത് ശരിയാണ് അത് കേവലം ഈ ജാഗ്രതുകൊണ്ട് പറയുമ്പോൾ അത് ശരിയാണ് ജാഗ്രത അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറമാണ് പക്ഷെ ശ്രുതി അവിദ്യുതം എന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അത് വിതത്തിൽ ഉൾക്കൊള്ളിച്ചു കഴിയും അറിവും അറിവില്ലായ്മയും രണ്ടും വിദുതത്തിൽ ഉൾക്കൊള്ളിച്ചത് രണ്ടും വിദുതമാണ് അതിനപ്പുറം അവിദിതമായ ആ വിദുതത്തിന് നമുക്ക് അറിവില്ലായ്മ പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞല്ലോ അത് അറിവിനോട് ചേർന്നിരിക്കുന്ന ഇവിടെയാണ് ഇരളും വെളിച്ചവും ചേർന്ന് നയിക്കുന്നത് ഇവിടെയാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നു അവിടെ എള്ളം വിളിച്ചതും ചേർന്നു നയിക്കുന്നുണ്ട് എന്താ അവിടുത്തെ പ്രകാശം അതിൻ്റെ പൂർണ്ണതയെ നമുക്കറിയാനും പറ്റുന്നില്ല ആ ദൃഷ്ടാന്തത്തിൽ എങ്ങനെയാണോ അത് സൂര്യദൃഷ്ടാന്തം അതുപോലെ അതുപോലെ ഇവിടെയും മനസ്സിലാക്കും അത് ഭാഷിക്കാരൻ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു അവിദ്യാലക്ഷണ വ്യാകൃത ബീജ വ്യാകൃത ബീജമായിരിക്കുന്ന ആവിദ്യക്കപ്പുറം സാറിന് വ്യാഖ്യാനങ്ങളിലെല്ലാം ഇത് വ്യക്തമാകാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ വിശദീകരിക്കുന്നത് ആധി ഐറ്റി ഉപരി എടുത്ത് ക്ഷണയാ അന്യത് ഇത്യർത്ഥ അധി എന്ന് പറയുന്ന ഉപസർഗത്തിന് ഉപരി എന്നുള്ള അർത്ഥമാണ് മുകളിൽ എന്നുള്ള അർത്ഥമാണ് പക്ഷെ ഇവിടെ അന്യത് ലക്ഷണയിലൂടെ ലക്ഷണാർത്ഥത്തെ എടുക്കുക പറഞ്ഞല്ലോ ലക്ഷ്യാർത്ഥത്തെ എടുക്കണം ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ പലപ്പോഴും വാച്ചാർത്ഥത്തിൽ നിന്ന് ലക്ഷ്യാർഥത്തിലേക്ക് പോകും ഉപരിയെന്നും പറയാം പക്ഷേ ഇവിടെ ഉപരി അഥ മുകളിൽ താഴെ അങ്ങനെ ഒന്നുമില്ല മുകളും താഴെയൊന്നുമില്ല ഇവിടെ രണ്ട് തലങ്ങളെയാ വ്യക്തമാക്കുന്നത് ഒന്ന് അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യുന്ന തന്നെ അറിവിന്റെയും അറിവില്ലായ്മയുടെയും അനുഭവത്തിൽ ഇതൊന്നും അതിൽ നിന്ന് മറ്റൊന്നാണ് ഇതിന് രണ്ടിനും പ്രവർത്തിക്കാൻ വയ്യാത്ത അവ്യാകൃതാവസ്ഥ ഒന്ന് മുകളിൽ ഒന്ന് താഴെ അങ്ങനെയൊന്നും പറയാൻ പോയി അതുകൊണ്ടാണ് ഭാഷകാരനവിടെ ലക്ഷ്യാർത്ഥത്തെ അധി ഉപരി ഭവതി തത്തസ്മാന്യതിരി പ്രസിദ്ധം തത് അപ്പം മർത്വം ദുഃഖാത്മകം ചെതി ഹേയം ഉപരി ഭവതി തസ്മാറ്റുപരി എന്ന് പറഞ്ഞാൽ അന്യമാണെന്നർത്ഥം എന്തുകൊണ്ടാണ് അർത്ഥം എടുത്തതെന്ന് പറയുക അന്യം എന്നുള്ളതിനാണ് ഇവിടെ പ്രാധാന്യം വിദുതം തദൽപ്പം മത്സ്യം ദുഃഖാമുഖം എന്താണോ വിദുതമായിരിക്കുന്നത് എന്താണ് ഈ ജ്ഞാനാജ്ഞാനങ്ങൾ പ്രപഞ്ചാനുഭവം ആകവേ ജാഗ്രസ്വപ്തന രൂപത്തിലുള്ള ഈ പ്രപഞ്ചാനം അത് അല്പമാണ് തുണോ അതീ അവിദ്യുതത്തെ അപേക്ഷിച്ച് തന്നെ തുച്ഛമാണ് സ്വപ്നെ സംബന്ധിച്ചിടത്തോളം എന്താ അതല്ലാതെ മറ്റൊന്നുമില്ല ഇതല്ല അവിടെ തുച്ഛമായിക്കഴി ഇത്രയും വിപുലമായിരിക്കുന്ന അനന്തമായിരിക്കുന്ന പ്രപഞ്ചം നമ്മളത് മാണ്ഡുക്യത്തിൽ ചർച്ച ചെയ്താണ് ഈ പ്രപഞ്ചം അവിടെ അല്പമാണ് അവിടെ തുച്ഛമാണ് ആ അവസ്ഥ ഇതിനെ താരതമ്യപ്പെടുത്തുന്നു അവിടെ ഒരു അനന്തതയില്ല ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ അനന്തതയും നഷ്ടപ്പെട്ടു ഇത് പരിച്ഛിന്നമായ അവിടെ അല്പമാണ് മടത്തിയുമാണ് നശിക്കുന്നതാണ് ഇതവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നശിച്ചു ഈ അനന്തത സൃഷ്ടിയിലുണ്ടോ നമ്മൾ നശിക്കുന്നതാണോ ദുഃഖാത്മകം ഇവിടുത്തെ അറിവും അറിവില്ലായ്മയും ദുഃഖാത്മകമാണ് യാതൊരു സംശയവുമില്ല നമ്മളീ അറിവിന്റെയും അറിവില്ലായ്മയുടെയും ഈ തലത്തിൽ നിന്നുകൊണ്ട് അർജിക്കുന്ന എല്ലാ അറിവുകളും ദുഃഖാത്മകമാണ് അതിൻ്റെ അറിവ് ആർജിക്കുന്നതിന് നമ്മൾ എന്ത് ക്ലേശിക്കും അതിന്റെ ആർജനത്തിൽ ക്ലേശ ക്ലേശിക്കാതെ അറിവുണ്ടാക്കാൻ പറ്റത്തില്ല എന്തിനെ സംബന്ധിച്ചു ആർജിച്ചാൽ അത് നിൽക്കുമോ ഇല്ല നഷ്ടപ്പെട്ടു പോകും അതിന്റെ സംരക്ഷണം അത് ക്ലേശകരമാണ് ദുഃഖാത്മകമാണ് ഇന്ദ്രിയങ്ങൾക്ക് കർണങ്ങൾക്ക് ബുദ്ധിക്കും മനസ്സിന് എല്ലാം ക്ഷീണം പറ്റുമ്പോൾ ഈ ആർജിച്ച അറിവെല്ലാം പോവും ഒരു ബ്രഹ്മജ്ഞാനവും കയ്യിലിരിക്കത്തില്ല ഇതിനൊന്നും ഈ ഇതിനെയൊക്കെ താങ്ങുന്നതിനുള്ള തലച്ചോറിന്റെ കഴിവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ഏതോ ബ്രഹ്മജ്ഞാനവും ജ്ഞാനവും ഇരിക്കത്തില്ല പിന്നെ ഇങ്ങനെ ബ്രഹ്മജ്ഞാനവും ഇരിക്കുന്നു ദുഃഖാത്മകമാണ് സംരക്ഷിക്കുകയും പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടെന്താണ് ഹേയം പറയും ഈ തലം പരമാർത്ഥവുമായി ചിന്തിക്കുമ്പോൾ ഇത് ഹേയമാണ് ഇതിലൊന്നും ഇന്ന് ഇവിടെ എന്തൊക്കെ അറിവും അറിവില്ലായ്മയോ ഉണ്ടോ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിലും ഇത് പോയി തന്നെ തീരും എന്തെല്ലാം അറിവങ്ങൾ ആർജിച്ചതെന്ന് ഇരിക്കട്ടെ എന്തെല്ലാം അഭ്യാസങ്ങൾ ചെയ്തുതെന്നിരിക്കട്ടെ എന്തെല്ലാം സാധനങ്ങൾ അനുഷ്ഠിച്ചു എന്നിരിക്കട്ടെ സുഷുപ്തിൽ നിന്ന് വല്ലതും ഉണ്ടോ താൻ ജ്ഞാനിയല്ല സാധനാവാൻ അല്ല ഭക്തനല്ല യോഗിയല്ല ഒന്നുമല്ല അവിദ്യുതമായ തലത്തിൽ അതാണ് അതിന് അവിദ്യുതമെന്ന് പറയുന്നത് അവിടെ ഒന്നുമല്ല അതാകുന്നത് എത്രയൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചാലും അത് നിക്കത്തില്ല സ്വയം ഇല്ലാതായിത്തീരുന്നു ആ സ്വയം ഇല്ലാതായിത്തീരുന്നതിനപ്പുറമാണ് അതാണറിവ് ഇവിടെ എന്തെല്ലാം അഭ്യാസം ചെയ്ത് ഞാൻ ഈ ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ശരി അല്ലേ കൊള്ളന്നിട്ട് ഉറങ്ങുന്നതുവരെ നിങ്ങൾ മനനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആത്മാവിനെ കുറിച്ച് ഉറക്കത്തിൽ അതെല്ലാം അവസാനിക്കുന്നു അപ്പം സ്വയം ധ്യയമാണ് നിങ്ങൾ ത്യജിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വയം ഇതൊക്കെ വിട്ടുപോകും അതിനപ്പുറമാണ് പരമാർത്ഥം ഇത് പറയുന്ന എന്തിനാണ് മനനം ചെയ്യാതിരിക്കാനോ ഇതിനറിയാൻ ശ്രമിക്കാതിരിക്കാനോ അല്ല ഇതിനെ സംബന്ധിച്ച് വിദ്യാഭ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജ്ഞാനാഭിമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാനിത്വ അഭിമാനം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിന് ഒത്തിരി മിസ്സായിരിക്കുന്നത് ഇവിടെ എന്ത് ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കിയാലും ശരി അതിനോട് ചേർന്ന് ഈ വിധുത അവിധുതലത്തിൽ അതിൻ്റെ അഭിമാനവും വരും ഞാൻ ജ്ഞാനിയാണ് എന്ന് അഭിമാനിച്ചു ഇത് അഭിമാന നാശത്തിലാണ് ഇത് നിലനിൽക്കുന്നത് ഇത് അഭിമാനത്തെ സംരക്ഷിക്കുന്നുവെന്നല്ല മറിച്ച് അഭിമാനത്തെ നശിപ്പിക്കുന്നതാണ് അഭിമാനത്തെ നശിപ്പിക്കുന്ന ഒന്നിൽ അഭിമാനം വന്നുകഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് ഒന്നേ പോലുള്ളൂ ഇത് ഹേയമാണ് വിദിതമായിരിക്കുന്ന സർവ്വവും ഹേയമാണ് അവൻ ഇതറിയുന്നവനാണ് ആ ഞാൻ ഇപ്പം അഭിമാനം വരക്കുന്നു അതുകൊണ്ട് ഇത് ദുഃഖാത്മകമാണ് ഇത് ബുദ്ധിക്ക് ഭാരമുണ്ടാക്കുന്ന വിദ്യയല്ല എന്നാണ് അഭിമാനം ഉണ്ടാക്കിയാൽ അത് ബുദ്ധിക്ക് ഭാരമായിരിക്കും അങ്ങനെ ഒന്നല്ല അത് നിങ്ങൾ ഇത് ഹേയമാണ് അല്ലെങ്കിൽ സ്വയം പ്പെടുന്നതാണ് താനറിയാതെ തന്നെ തന്നെ വിട്ടുപോകുന്നതാണ് തസ്മാ അഹേയത്വമുക്തന്യത് ബ്രഹ്മ ഈ ബ്രഹ്മം ഈ വിജിതമായിരിക്കുന്നത് മർത്യമായിരിക്കുന്നത് അത്വമായിരിക്കുന്നത് ഹേയമായിരിക്കുന്നത് അത് നന്യമാണ് വാരസ്വസ്വരൂപം പറഞ്ഞുണ്ടോ അത് ഗ്രഹിക്കാനോ തിരികാനോ സാധ്യമല്ല അതിനോട്ട് അഭിമാനിക്കാനും സാധ്യമല്ല അഭിമാനിക്കുന്ന തലം വേറെ അത് അഭിമാനരഹിതമാണ് അഭിമാനം വ്യാകൃതത്തിലാണ് അവ്യാകൃതത്തിന്റെ അഭിമാനം പോലും അതിനപ്പുറമാണിത് അഹേയത്വമുക്തം സ്യാ അത് അഹേയമാണ് ഗ്രഹിക്കാത്തതിനെങ്ങനെ ത്യജിക്കാൻ പറ്റും ഗ്രഹിച്ചിട്ടാണ് ത്യജിക്കുന്നത് അല്ലേ നമ്മൾ ബ്രഹ്മജ്ഞാനത്തെ ആർജിക്കുന്നു അത് നമ്മെ വിട്ടുപോകും സുഷൃത്തിയിൽ വിട്ടുപോകും ഈ കരണങ്ങളുടെ ദോഷം കൊണ്ടത് വിട്ടുപോകും ഇതങ്ങനെയല്ല ഇത് അഹേയമാണ് അങ്ങനെ ഒരു ഞാൻ അഭിമാനം വേണ്ട അതല്ല തഥ അവിദ്യ അതിയുക്തി അനുപാധേയത്വ ഇതുപാധേയവുമല്ല എന്നുവെച്ചാൽ ഇത് ആർജിക്കത്തക്കതല്ല ഭൗതികവുമായ ജ്ഞാനം പോട്ടെ ആത്മാവിനെ സംബന്ധിച്ചു തന്നെ ഈശ്വരനെ സംബന്ധിച്ച് തന്നെ ഒരുപാട് വിവരങ്ങൾ നമ്മൾ നമ്മുടെ തലച്ചോറിൽ അടുക്കി വയ്ക്കുന്നു ഒരുപാതയും ഇത് അനുപാതയുണ്ട് ശാസ്ത്ര അധീതിഷ്ഫല എന്ന് പറയും അത് നിഷലമായി തീരുന്നു പരമാർത്ഥ ബോധത്തിൽ അത് നിഷലമായി തീരുന്നു അത് സ്വയം നിഷലമായി തീരും അതാണ് അവിദ്യത അതിഥ്യുക് അനുപാധേയത്വം ഇതുപാധേയുമല്ല ആർജിതമായ ഒന്നല്ല ഇത് സ്വയം പ്രകാശമാണെന്ന് പറയുന്നതാണ് ആർജിതമാണ് ഇതിൽ ആരോഗ്യതമായിരിക്കുന്നതിന് നിരാകരിക്കുക ഈ ഉപായങ്ങളെല്ലാം ആ നിരാകരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതിൻ്റെ അർജനത്തിന് വേണ്ടിയിട്ടാണ് അതിനാണ് ഭാഷകാരൻ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത് മരീചിക സത്യമാണെന്ന് തോന്നി അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു നിരാകരണം സംഭവിച്ചു സത്യത്വ ബുദ്ധിയെ നിരാകരിച്ചു പിന്നെ ശേഷിക്കുന്നത് എന്താ സത്യം മാത്രം സത്യബുദ്ധി മാത്രം പ്രകാശിക്കുന്നു അതുകൊണ്ട് ഇത് ഉപാധേയുമല്ല അനുപാതയുമാണ് അപ്പോൾ ഈ പറയുന്ന ശ്രവണം മനനം വിദ്യധ്യാസനം ഇതെല്ലാം ഇത് അനുപാതയമാണെന്ന് ബോധ്യപ്പെടാൻ അല്ലാതെ ഇതൊന്നും ഉപാധേയത്തിന് വേണ്ടിയിട്ടില്ല അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മറ്റതെല്ലാം ഈ വിദ്യത്തെ തലത്തിലാണ് അതാണ് അടുത്ത് പറയുന്നത് ഹി കാരണം കാര്യർത്ഥം ഹി കാരണം അന്യത് അന്യനുപാധിയതേ ഒരു കാര്യത്തിന് വേണ്ടി കരുവെന്നു വരുമ്പോൾ എന്തുമാകാം ഭാഷയകാരന്റെ മനസ്സിലിരിക്കുന്ന യാഗങ്ങളും മറ്റുമാണ് ഇന്നത്തെ ലൗകികമായ മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന സർവ്വകർമ്മങ്ങൾ സർവപ്രവർത്തികൾ ഞാൻ ഇച്ഛാകൃതിരൂപത്തിലുള്ള സർവപ്രവർത്തികളും കാര്യമാണ് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു കർമ്മം അന്യനുപാധീയത ഈ ജീവൻ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന കർണങ്ങളെ സ്വീകരിക്കുന്നു തന്റെ കർണങ്ങളെ സ്വീകരിക്കുന്നു ചിന്തിക്കണമെങ്കിൽ അവനെ മനസ്സ് വേണം കാണണമെങ്കിൽ അവനെ കണ്ണു വേണം ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു അജീവൻ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ ബാഹ്യമായി ഭൗതികമായ വസ്തുക്കളെ സ്വീകരിക്കുന്നു പ്രവർത്തിക്കുന്നു ഓരോ നേടുന്നു അപ്പോൾ അവിടെ എന്തുകൊണ്ട് അന്യൻ അന്യത്തിനെ സ്വീകരിക്കുന്നു ജീവൻ കർണങ്ങളെ സ്വീകരിക്കുന്നു ജീവൻ ബാഹ്യമായ കാരണങ്ങളെ സ്വീകരിക്കുന്നു ജീവൻ ഈ പ്രപഞ്ചത്തെ സ്വീകരിക്കുന്നു അതശ്ചേദസ്മൈ പ്രയോജന അന്യ ഉപാധേയം ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു നിഷേധിച്ചിരിക്കുന്നു എന്താണിത് വിദുതത്തിൽ നിന്നും അവിദത്തിൽ നിന്നും അന്യം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ ഈ വേദിതാവ് ഇവിടെ പറയുന്ന വിദുത അവിദമായിരിക്കുന്നതിനപ്പുറം നിക്കുന്നു അവൻ അന്യസ്മി പ്രയോജനായ മറ്റൊരു പ്രയോജനത്തിന് വേണ്ടി അന്യതുപാധെയും മറ്റത്തിന് അവന് സ്വീകരിക്കേണ്ടി വരുന്നില്ല ഒരു പ്രയോജനത്തിന് വേണ്ടി അവന് ഒന്നിനെയും സ്വീകരിക്കുന്നില്ല എന്നാണ് അത് അന്യമായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതങ്ങനെ സ്വീകരിക്കുന്നില്ല എന്ന ബോധത്തിൽ ആ ബോധത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഒന്നിനുവേണ്ടി മറ്റൊന്നിന് സ്വീകരിക്കുന്നില്ല പണ്ടൊക്കെ ഇതിൽ പറഞ്ഞല്ലോ ബന്ധം മാത്രമല്ല മോക്ഷവും പരമാർത്ഥമല്ല അവൻ ബന്ധനത്തിനായി ഒന്നും ചെയ്യുന്നില്ല മോക്ഷത്തിനായി ഒന്നും ചെയ്യുന്നില്ല അവൻ ഉപാധേയുമായി ഒന്നുമില്ല മോക്ഷം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അത് സസ്വരൂപമാണ് പിന്നെ അതിനുവേണ്ടി മറ്റൊന്ന് ചെയ്യാനും അതിനുവേണ്ടി മറ്റൊന്നും ചെയ്യാനാഭ്യാം അന്യത് ഇത് ഹേയ ഉപാധേയ പ്രതിഷേധന സ്വാത്മനോ അനന്യത്വം എന്ന് ചേർക്കുന്നു അന്യ ബ്രഹ്മവിഷയ ജിജ്ഞാസ ശിഷ്യസ്യ നിവർത്തിതാസ്യ സ്വസ്വരൂപത്തിൽ നിന്ന് അനന്യമായിരിക്കും അന്യമല്ലാന്നുള്ള സ്വസ്വരൂപം തന്നെ ഇവിടെ ഹേ ഉപാധയങ്ങളെയെല്ലാം നിഷേധിച്ചു ഹേ ഉപാധയങ്ങൾ ഈ മനസ്സിൻ്റെയും കർണങ്ങളുടെയും തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലതിനെ ഉപേക്ഷിക്കുന്നു ചിലവിന് സ്വീകരിക്കുന്നു അപ്പൊ ഹേ ഉപാധയത്തെ പ്രതിഷേധിക്കുകയാണ് അപ്പോ എന്തെങ്കിലും ഉപാധേയങ്ങൾ സ്വീകരിക്കുക ആർജിക്കുക അതിലഭിമാനിക്കാനില്ല അതിനൊന്നും നേടാനുമില്ല സ്വീകരിച്ചുകൊണ്ടൊന്നും നേടാനില്ല ഇവിടെ അതുപോലെ തന്നെ ഹേയം അതിനും അഭിമാനിക്കാനില്ല ത്യാഗത്തിലും അഭിമാനിക്കാനില്ല ത്യാഗത്തെ നമ്മളൊരു അഭിമാനമായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ ആത്മാവിന് വേണ്ടിയോ അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി എന്നൊക്കെ ത്യജിച്ചു ത്യാഗ അഭിമാനിയായിരിക്കും ഇതിനെ രണ്ടിനെയും നിഷേധിക്കുന്നു എന്നുവെച്ചാൽ ഇത്തരം അഭിമാനങ്ങളെ നിഷേധിക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ ആർജനം അതിൽ വരുന്ന അഭിമാനം ഈ പ്രപഞ്ചത്തിന്റെ ത്യാഗം അതിൽ വരുന്ന അഭിമാനം അതിനെ തിരിക്കുന്നു സ്വാത്മനോ അന്യ ബ്രഹ്മവിഷയ ജിജ്ഞാസിഷ്യ നിവർത്തിദാസ്യ വാസ്തവത്തിൽ ശിഷ്യൻ അവന്റെ നിലയിൽ നിന്നുകൊണ്ട് ഈ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ മനസ്സൊരിക്കുന്ന ആ അവൻ എന്തിനെയാണോ ബ്രഹ്മം ഒന്ന് ധരിക്കുന്ന അതാണ് അവൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഗുരു അവന്റെ ആ ധാരണയെ തിരുത്തുകയാണ് ബ്രഹ്മം ഒന്ന് നീ ഏതുവരെ ധരിച്ചിരിക്കുന്നോ അതൊന്നുമല്ല അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമെന്ന് പറഞ്ഞ് നീ എന്തിനെയാണോ ധരിച്ചിരിക്കുന്ന അതല്ല നീ ധരിച്ചിരിക്കുന്നതല്ല എന്താണ് സ്വാത്മനോ അന്യ സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായ എന്തിനെയോ നീ ധരിച്ചു സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മം സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു മോക്ഷം അത് അന്യമാണെന്നറിയാതെ തന്നെ അവൻ ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുക തൻ്റെ സ്വരൂപം തന്നെ മുക്തിയാണെന്നറിയാതെ തനിക്കൊരു മുക്തി നേടണം എന്നാഗ്രഹിക്കുകയും ചെയ്യും ആ മുക്തിയെ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു മുക്തി ഉപാധേയമല്ല എന്നറിഞ്ഞാൽ പിന്നെ മുക്തിയെ എങ്ങനെ ഒരാൾ സ്വായത്തമാക്കും ഇത് ഈ വിചിതമായിരിക്കുന്നത് തന്നിലില്ല എന്നറിഞ്ഞാൽ പിന്നെ അതിനെ തിരിക്കാൻ എങ്ങനെ ഒരാൾ ശ്രമിക്കും അത് ഹേയം എങ്ങനെയാകും തന്റെ സ്വരൂപത്തിലെങ്കിൽ പിന്നെ അതെന്തിന് ധരിക്കണം അപ്പം ഇവിടെയൊക്കെ അന്യ അന്യഥാബോധം കൊണ്ടാണ് ഇതിനെല്ലാം ശ്രമിക്കുന്നത് അവൻ വാസ്തവത്തിൻ്റെ അവൻ അധികാൻ ശ്രമിച്ചതും അന്യമായ ഒന്നിനെയാണ് അവന്റെ അന്യ ബ്രഹ്മവിഷയ ജിജ്ഞാസ ശിഷ്യസ്യ നിവർത്തിതാ സ്യ ആ ജിജ്ഞാസയ നിവർത്തിപ്പിക്കുകയാണ് സാധാരണ ശിഷ്യന്റെ ജിജ്ഞാസുണ്ടാകുന്നു ഗുരുവിന്റെ സമാധാനം കൊണ്ട് ശിഷ്യന്റെ ജിജ്ഞാസ ഇല്ലാതാകുന്നു ഇവിടെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആ ശിഷ്യന്റെ ജിജ്ഞാസ തന്നെ ശരിയായിരുന്നു ശിഷ്യൻ കരുതുന്നെന്താണ് തന്റെ ജിജ്ഞാസയ്ക്ക് ഉചിതമായ സമാധാനം കിട്ടണം എന്റെ ചോദ്യത്തിന് ശരിയായ ഒരു സമാധാനം കിട്ടണമെന്ന് അതാണ് ശിഷ്യൻ ആഗ്രഹിക്കുന്നത് ഗുരുവാസ്തവത്തി എന്താ ചെയ്യുന്നത് ചോദ്യം എങ്ങനെയാണോ അസംബന്ധമായിരിക്കുന്നത് അതുപോലെ ആ ചോദ്യത്തിന് ഉചിതമായ സമാധാനം അസംബന്ധമായിരിക്കും മറിച്ച് എന്താണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നിന്റെ ചോദ്യം അസംബന്ധമാണ് നിന്റെ ചോദ്യം നിന്റെ അഭിമാനത്തിൽ നിന്നുണ്ടായതാണോ അതുകൊണ്ട് തന്നെ അത് അസംബന്ധമാണെന്ന് ബോധിപ്പിച്ചാൽ മതി അതിന് മൂല കാരണമായിരിക്കുന്ന അഭിമാനം ഇല്ലാതായാ മതി അല്ലാതെ ശിഷ്യന് പ്രത്യേകിച്ച് വെളിപ്പെടുത്തി കൊടുക്കാവൊന്നുമില്ല കാരണം ഇത് ഒരാൾ മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നല്ല വിജിതവും അവിധിതവുമായ തലങ്ങൾക്കപ്പുറമുള്ളതാണ് നമ്മളെന്താ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ വിദിതമായ തലത്തിലാണ് അറിവിന്റെയും അറിവില്ലായ്മയും തരത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങളും പരിഹാരങ്ങളും പരിഹാരവും ദ്വൈത ഭാഷയിലാണെന്ന് പറയുന്നു ഇവിടെ അങ്ങനെയല്ല അന്യബ്രഹ്മവിഷയമായിട്ടുള്ള ശിഷ്യന്റെ ആ ജിജ്ഞാസയെ ഇന്നിച്ചു ശിഷ്യന് തന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഗുരു പറഞ്ഞു എന്നുള്ള അഭിമാനമല്ല വരുന്നത് മറിച്ച് തന്റെ ചോദ്യം നിലനിൽക്കത്തക്കതല്ല ഈ ചോദ്യത്തിന് നിലയില്ല എന്നാണ് ശിഷ്യൻ ബോധ്യപ്പെടേണ്ടത് ചോദ്യത്തിന് യുക്തിയുക്തമായ സമാധാനം എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ തലത്തിലുള്ള ചോദ്യവും ബുദ്ധിയുടെ തലത്തിലുള്ള സമാധാനമാണ് വിദിതമായ തലത്തിലുള്ള സമാധാനമാണ് ചോദ്യത്തിന് നിലയില്ലാതെ വരുമ്പോൾ അത് വിദിത അവിധുതമായ തരത്തിനപ്പുറമായ ശിഷ്യ അതാണ് ശരിയായ ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്നത് ജിജ്ഞാസ തന്നെ അപ്രത്യക്ഷമാകുന്നു അല്ലാതെ സാധാരണഗതിയിൽ വരുന്ന ജിജ്ഞാസ ശമനമല്ല നഹി അന്യസ്യ സ്വാത്മനോ വിദുത അവിദുതാഭ്യാം അന്യത്വം വസ്തുന സംഭവത്തി ആത്മാ ബ്രഹ്മ സ്വാത്മനോ അന്യസ്യഭ്യം അന്യം ഈസ്വാത്മവസ്തു അതെന്താണ് വിദുത അവിധുതങ്ങളെന്നും അന്യമാണ് ഇതാണ് ആത്യന്തി ബോധിപ്പിക്കുന്നത് നിന്റെ ചോദ്യത്തിനും നിന്റെ സമാധാനത്തിനും അപ്പുറമാണ് നിന്റെ അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ അറിവിനും അറിവില്ലായ്മയ്ക്കും കടക്കാൻ വയ്യാത്ത അവ്യാകൃത അല്ല അതിനും അപ്പുറമാണ് അതുകൊണ്ടെന്താണ് അതെവിടെ അത് ജാഗ്ര സ്വപ്ന സുഷിത്വങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആ തുര്യൻ ആത്മാ ബ്രഹ്മ വിത്യേഷമാക്കിയ ആൾക്ക് അവിടെ എത്തിച്ചേർന്നു അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷ്ടികൾക്കാധാരമായിരിക്കുന്നു അതാണ് ഇതിന്റെ താല്പര്യം അപ്പം അവിടെയെങ്കിലും നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഈ ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരിക്കലും അയാളുടെ അറിവിൽ അയാൾ സന്തോഷിക്കേണ്ട കാര്യമില്ല ആ അറിവിൽ അഭിമാനിക്കേണ്ട കാര്യമില്ല തൻ്റെ അറിവില്ലാമയെ ദുഃഖിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യം അറിവില്ലാമയെക്കുറിച്ചുള്ള നഷ്ടബോധം വേണ്ട ഞാൻ ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ഉപനിഷത്ത് പഠിച്ചില്ലല്ലോ ഭഗവത്ഗീത പഠിച്ചില്ലല്ലോ ആ നഷ്ടബോധത്തിന്റെയും അറിവില്ലായ്മയെ കുറിച്ച് അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഇത് വിദുത അവിദുതാ ഭ്യാം അന്യം എൻ്റെ അറിവൊന്നും അതിനുവേണ്ടി ഉപയോഗിച്ചാൽ മതി അറിയാത്തതിനെ കുറിച്ച് വിലപിക്കണ്ട അറിഞ്ഞതിനെ കുറിച്ച് സന്തോഷിക്കണ്ട പക്ഷെ അറിവുകളെല്ലാം എന്തിനു ഉപകാരപ്പെടണം ഈ വിദിത അവിദിതമായിരിക്കുന്ന അന്യമാണ് അതാണ് വസ്തു സ്വരൂപം അത് എന്ന് ധരിക്കണം ഇതാണ് വാക്കിയളുപ്പം ഇതിൻ്റെ പരവുമായ താല്പര്യം അതിനെ ബോധിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞ ഇതിൻ്റെ ആത്യന്തികമായ പ്രയോജനം എന്ന് പറയുന്നത് ഈ ചോദ്യകർത്താവിനെ അവൻ്റെ ചോദ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തലത്തിൽ നിന്ന് മാറ്റി അന്തർമുഖമാക്കും തന്നിൽ തന്നെ വരിക തന്റെ സ്വരൂപത്തെക്കുറിച്ച് ആരോടാണ് ചോദിക്കാൻ തന്റെ സ്വരൂപത്തെ തന്നെ ആരാണ് ബോധ്യപ്പെടുത്താൻ മറ്റാരും ഇല്ല സ്വയം പ്രകാശിക്കുന്നതിന് ആർക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും സാധ്യമല്ല അയം ആത്മാ ബ്രഹ്മ പറയുന്നു ആ പരമാർത്ഥം നീ അന്വേഷിക്കുന്ന പരമാർത്ഥം നീ തന്നെ നിന്റെ ചോദ്യത്തിൻ്റെ സമാധാനം നീ തന്നെ നിന്റെ സ്വരൂപം തന്നെയാണ് അതിനെ തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആത്മാ അപഹത പാത്മാറിഞ്ഞല്ലോ വിദ്യുത അവിദ്യുതങ്ങൾക്കപ്പുറമുള്ള പാപരഹിതമായ അത് നിന്റെ സ്വരൂപം തന്നെയാണ് അപ്പൊ ചോദ്യവും സമാധാനവും കൊണ്ട് തന്നെ മറയ്ക്കുന്നു എന്നേ സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ അപരോക്ഷം ബ്രഹ്മ അപരോക്ഷമായിരിക്കുന്നത് അതാണോ മറ്റൊരു ഉപാധികളുടെയും സഹായമില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കർണങ്ങളുടെയും അപേക്ഷിക്കാതെ സ്വയം പ്രകാശിക്കുന്നത് അതിനെയാണ് നീ അന്വേഷിക്കുന്നത് അതിൻ്റെ സ്വരൂപം തന്നെ ആത്മാർവാന്തര അതെന്താണ് നിന്റെ മാത്ര സ്വരൂപമല്ല ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്നതാണ് സർവാന്തരമായിരിക്കുന്നതാണ് ഇത്യാദി ശ്രുതി അന്തരേഭ്യസിച്ച ഇങ്ങനെ മറ്റ് ശ്രുതികളുണ്ട് ഹിത ചിന്മാത്രജ്യോതിഷോ ബ്രഹ്മത്വ പ്രതിപാദകരംപരയാ പ്രാതം ആഹ ഇതിഷ്യമ സർവാത്മനവരൂപമായിരിക്കുന്നത്രഹിത ഇവിടെ എന്തെല്ലാം വിശേഷങ്ങളാണോ നാനാത്വങ്ങളാണോ നമ്മൾ അനുഭവപ്പെടുന്നത് ജാഗ്രത സ്വപ്നം സുഷി ഈ തരത്തിൽ അനുഭവപ്പെടുന്നത് ഈ സർവവിശേഷരഹിതമായിരിക്കുന്ന അതിനെക്കുറിച്ച് എന്തേ പറയാൻ പറ്റുമോ ചിന്മാത്ര ജ്യോതിസ് ചിന്മാത്രമായിരിക്കുന്ന ജ്യോതിസ് പ്രകാശം പ്രകാശം നാനാ തരത്തിലുണ്ട് ബാഹ്യമായി അഗ്നിയുടെ പ്രകാശമുണ്ട് സൂര്യന്റെ പ്രകാശമുണ്ട് ചന്ദ്രന്റെ പ്രകാശം ഇതെല്ലാം ജ്യോതിഷുകളാണ് ദീപ പ്രഭയുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല കേവലം ചിന്മാത്ര ജ്യോതിഷ ഉള്ളിൽ പ്രകാശിക്കുന്ന പ്രകാശം സർവത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം ആ പ്രകാശം തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മക്ക് പ്രതിഭാ പ്രതിപാദവശം ഉള്ളില് ഒരിക്കലും അണയാതെ പ്രകാശിക്കുന്ന ആ പ്രകാശം അത് തന്നെയാണ് ബ്രഹ്മം അത് ബോധിപ്പിക്കാനും അതിനെക്കുറിച്ചുള്ള മറ്റ് ധാരണകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഗുരു ഉപദേശം വാക്യം അത് തന്നെ ശാസ്ത്രം വാക്യ ആചാര്യ ഉപദേശ പരമ്പരയാ പ്രാപ്തം അത് അതാണ് ആചാര്യ ഉപദേശ പരമ്പരയിലൂടെ ഇപ്പൊ നിന്നിലും പ്രാപ്തമായത് നിന്നിലും പ്രാപ്തമായതെന്ന് പറയുകയാണ് ആചാര്യ പരമ്പരയിലൂടെ ഇതാണ് ഉപദേശിക്കുന്നത് ആചാര്യ പരമ്പരയിലൂടെ ഇത് കേൾക്കാൻ അർഹതയുള്ളവന് ഉപദേശിക്കാൻ അർഹതയുള്ളവൻ ഉപദേശിക്കുന്നു അതാണ് ഇവിടെ പ്രണയിതീ ശുശ്രൂമ എന്ന് കേട്ടിരിക്കുന്നു ഞാൻ ബോധിച്ചിരിക്കുന്നു ഞാൻ എന്റെ ഗുരുവിൽ നിന്നും ബോധിച്ചിരിക്കുന്നു ഗുരുപരമ്പരയിലൂടെ ബോധിക്കുന്നു എന്ന് പറയുമ്പോ ശാസ്ത്രത്തിന് പ്രമാണമായിരിക്കുന്നത് സ്വാനുഭവം തന്നെയെന്ന് താൻ പറയുന്നതിന് പ്രമാണമായിരിക്കുന്നു താൻ തൻ മറ്റാർ മറ്റൊന്നുമല്ല അതാണ് ശാസ്ത്രത്തെ സ്വത പ്രമാണമെന്ന് പറയുന്നത് അതിന് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല താൻ തന്നെയാണ് അതിന് പ്രമാണം ശുശ്രമ ഇങ്ങനെ കേട്ടിരിക്കുന്നു ഒരു പരമ്പരയിലൂടെ ഇതിങ്ങനെ ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് ക്ഷേമാർ ഉപദേശിച്ച് എങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു എന്ന് ശിഷ്യനോട് പറയും ചിരി <im> <im>